എന്നാൽ അവർ വിമുഖത കാണിച്ചു അതിനാൽ നാം അവരുടെ മേൽ വലിയൊരു പ്രളയം അയച്ചു അവരുടെ രണ്ട് തോട്ടങ്ങൾക്കു പകരം കൈപ്പുള്ള ഫലങ്ങളുള്ള രണ്ടു തോട്ടങ്ങളും തമരീസ് മരങ്ങളും കുറച്ച് സിദ്ധൃമരങ്ങളും നാം നൽകി